സത്യനിഷേധികൾക്ക് ഐഹിക ജീവിതം മനോഹരമായി തോന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു വിശ്വസിച്ചവരെ അവർ പരിഹസിക്കുകയും ചെയ്യുന്നു എന്നാൽ അല്ലാഹുവിനെ ഭയപ്പെട്ടവർ പുനരുത്ഥാന നാളിൽ അവർക്കുമീതയായിരിക്കും അല്ലാഹു സുഹാനുഹൂവറ്റ ആല ധാനുദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ ഉപജീവനം നൽകുന്നു